ിയോഗം യോഗം സനിശ്ചയന യോഗ ഇപ്പൊ പറഞ്ഞ് ചെയ്തിട്ടുണ്ടല്ലോ അതിനാണ് യോഗം എന്ന പേര് യോഗം എന്ന് പറഞ്ഞാൽ ദുഃഖ സംയോഗിയോഗം ഏതേത് ഉപാധികളിൽ നിന്നാണോ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവുന്നത് അതിനോടുള്ള കണക്ഷൻ അതിനോടുള്ള ലിങ്ക് ഇറ്റ് ഇസ് ദീ കണക്ഷൻ എടുത്തു എന്നാണ് ശരീരത്തിനുള്ളപ്പോ ദുഃഖം ഉണ്ടാവും നിവൃത്തിയില ശരീരം ഉണ്ടെങ്കിൽ അശരീരം വാവ സന്തം പ്രിയെ സ്പൃശതീര പ്രിയപ്രിയയോ അപകത്തിരസ്തി ശ്രുതിയിൽ പ്രജാപതി പറയുന്നതാണ് ഇന്ദ്രനോട് ശരീരത്തോട് ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട് അപ്പൊ ദുഃഖം വേണ്ടേ ശരീരം വേണ്ട വയ്ക്കണം എങ്ങനെ വേണ്ട വയ്ക്കും ആത്മജ്ഞാനം കൊണ്ട് അല്ലാതെ ശരീരത്തിന് കൊല്ലാനോ സൂസൈഡ് ചെയ്യാനോ ഒന്നും പറ്റില്ലല്ലോ അങ്ങനെ പോയാലോ ശാന്തി ഉണ്ടാവില്ല അപ്പോൾ ഭഗവത് ധ്യാനം കൊണ്ട് ശരീരത്തിനെ മറക്കാൻ പഠിച്ചാൽ ശരീരത്തിന് ദുഃഖം ഉണ്ടായെങ്കിലും ബാധിക്കാത്ത സ്ഥിതി വരും ദുഃഖ സംയോഗ വിയോഗം ദുഃഖം എന്ന് ഇപ്പൊ ദുഃഖ സംയോഗം എന്ന് ശരീരത്തിനോടുള്ള കണക്ഷൻ ഉപാധിയോടുള്ള കണക്ഷൻ വിയോഗം ഇറ്റ് ഇസ് ഡിസ്കണക്റ്റഡ് ആ ഡിസ്കണക്ഷൻ യോഗം എന്നു പേര് ഉപാധികളോടുള്ള താതാത്മ്യത്തിനെ വിടുന്നതിന് പേരാണ് യോഗം അല്ലാതെ യോഗം എന്ന് പറഞ്ഞാൽ തലകുത്തി നിക്കലോ പത്മാസനത്തിൽ നിൽക്കലോ പ്രാണായാമം ചെയ്യലോ മാത്രമല്ല അതൊക്കെ തന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും നാടീ നരമ്പുകളെയും ഒക്കെ കുറച്ച് ശരിയാക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ആസനങ്ങൾ മാത്രമാണ് അതൊക്കെ നികൃഷ്ടമെന്നല്ല പറയണത് അതൊക്കെ ചിലർക്ക് സഹായകരമായിട്ടിരിക്കും അവരുടെ ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തിനെയൊക്കെ ശുദ്ധം ചെയ്യാം പക്ഷെ ശുദ്ധമായി കഴിഞ്ഞാൽ അവസാനത്ത് അതിൻ്റെ പ്രക്രിയ ഇതാണ് എന്താ ഈ ദേഹാദികൾ ഞാനല്ലെന്ന് അറിയണതാണ് ഇന്ദ്രിയങ്ങളും ദേഹവും ഞാനല്ലെന്ന് അറിയുന്നതാണ് ദുഃഖ സംയോഗിയോഗം യോഗ അത്രയും പറഞ്ഞിട്ട് ഭഗവാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു സന്നിശ്ചയേന യോക്തവ്യാഹ അതിനെ നല്ലവണ്ണം ഗുരുമുഖത്ത് നിന്ന് കേട്ടറിഞ്ഞ് ഉറപ്പിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് അറിവോടുകൂടെ ആ യോഗത്തിൽ ഇരുത്തിയിരുത്തി പഴകണം മനസ്സിനെ സ്വരൂപത്തിൽ ഇരുത്തിയിരുത്തി പഴകണം ക്ഷീണിച്ചുപോലെ അനിർവിണ്ണ ചെയ്ത സാധനം അല്പം പോലും ക്ഷീണിച്ചു പോവാതെ അതിനോടൊരു വെറുപ്പ് വരാതെ വളരെ സന്തോഷത്തോടു കൂടെ ഈ ആത്മധ്യാനത്തിനെ ഭഗവത് ധ്യാനത്തിനെ പരിശീലിക്കണം യോഗോ അനിർവിണ്ണ ചേത അധ്യവസായേന യോക്തൃ എങ്ങനെയാ ആ യോഗം പരിശീലിക്കേണ്ടത് എന്താ യോഗ വഴി അതാണ് അടുത്ത ശ്ലോകം നോക്കൂ സങ്കൽപ്പ പ്രഭവാൻ ർവന ശേഷ ഇപ്പോഴാണ് ധ്യാന അഭ്യാസത്തിനെ പറയാൻ പോകുന്നത് എന്താണ് അഭ്യാസം എന്ന് നമുക്ക് ചോദ്യം ഉണ്ടാവുമല്ലോ ഇപ്പോഴാണ് പറയാൻ പോണത് സങ്കൽപ്പഭവാൻ കാമാനും സർവാൻ തെക്വാ അശേഷത മനസാ ഏവ ഇന്ദ്രിയ ഗ്രാമം വിനിയമ്യ സമന്ത ഇന്ദ്രിയ ഗ്രാമം എന്നുവെച്ചാൽ ഗ്രാമം എന്നു വച്ചാൽ കൂട്ടമെന്നർത്ഥം അഞ്ചു പേർ ചേർന്നിരിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്തെന്നൊക്കെ പറയണത് ഇവിടെ നമ്മളുടെ ശരീരം ഒരു പഞ്ചായത്താണ് പഞ്ചായത്തനം എന്ന് വെച്ചാൽ അഞ്ചെണ്ണം ഇരിക്കാൻ ഇടം കൊടുക്കണത്തെന്ന് അർത്ഥം കണ്ണ് ചെവി മൂക്ക് വായ ത്വക്ക് അഞ്ചായോ അഞ്ച് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സ് ലോകത്തിലേക്ക് പോകുന്നു മനസ്സിൽ സങ്കല്പം കൊണ്ട് കാമനകൾ ഉണ്ടാവണം കാമജാനാമി തേമൂലം സങ്കൽപാത്വം ഹി ജായ നാം സങ്കൽപയിഷ്യാമി സമൂലം എന്ന് മഹാഭാരതത്തിലൊരു ശ്ലോകൻ ആശയോട് പറയുന്ന ആശയം തന്നെ ഞാൻ അറിയാം നീ സങ്കൽപ്പം കൊണ്ടുണ്ടാവുന്നതാണ് ഞാൻ ഇനി സങ്കൽപ്പിക്കില്ല നീ മൂലത്തോടെ ഇല്ലാതായിട്ട് തീരുമെന്ന് എന്തെങ്കിലുമൊക്കെ വേണമെന്നും അതിൽ ഗുണമുണ്ടെന്നും തോന്നിയാൽ അത് വേണം എന്ന് അതിനാണ് ഗുണാധ്യാസം ശോഭനാധ്യാസം എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യായതോ വിഷയാൻ പുംസ പതുക്കെ പതുക്കെ നന്നായിരുന്നു അല്ലോ നന്നായിരുന്നു അടുത്തപടി എന്താ കാമസ്തേഷുപജായത അതെനിക്ക് വേണം കിട്ടിയിട്ടില്ലെങ്കിലോ കോപം ഇങ്ങനെയാണ് പടി ഭഗവാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞത് എന്തേ ഒരു വസ്തു കണ്ടു കണ്ടോടനെ അത് വേണം കിട്ടിയിട്ടില്ലെങ്കിൽ ക്രോധം അപ്പൊ ആദ്യം എന്താ ഗുണാധ്യാസം അതിൽ എന്തോ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട് എന്തോ ഒന്നുണ്ട് ഇതാ ഈ ഒരു ഭഗവത്ഗീത പഠിച്ചിട്ടാണ് ടി വിയിൽ ഒക്കെ ഉണ്ടാക്കുന്നത് വെറുതെ ഞങ്ങളെ പോലെയുള്ളവർക്കും സാമിയാർമാർക്കും എന്താ പണി ഈ ബിസിനസ് മാനേജ്മെന്റ് ആളുകളെ പഠിപ്പിക്കലാണിപ്പോൾ പണി അപ്പൊ ഗീതയൊക്കെ പഠിച്ചിട്ട് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാണ് ഇതിൽ പ്രത്യേക ഉണ്ട് പ്രത്യേകത എന്തോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കുറെ കഴിയുമ്പോ ഒരാവശ്യം ഇല്ലാത്ത സാധനങ്ങളൊക്കെ കൂടാതെ കഴിയില്ല എന്ന് തോന്നും അവർക്ക് ഒരു പ്രയോജനമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതില്ലാതെ എങ്ങനെ ജീവിക്കും എന്ന് തോന്നും നമുക്ക് അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോകും ഇതാണ് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും തോന്നിപ്പിക്കുക പല സാധനങ്ങളും നമ്മളുടെ വീടുകളിൽ ഇന്ന് കുന്നുകൂടുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒന്നുമില്ലാതെ നമ്മൾ സുഖമായിട്ട് ഇരുന്നതാണ് ഇപ്പൊ അതൊക്കെ ഈ അഡ്വെർടൈസ്മെന്റുകാര് ഇത് കൂടാതെ ജീവിക്കാൻ പറ്റില്ല കൂടാതെ ജീവിക്കാൻ പറ്റില്ല ഇതങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പൂർണമാകും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ചോണ്ടിരുന്നു എന്തുകൊണ്ട് അതൊക്കെ വേണം തോന്നുന്നു സങ്കല്പ്രഭവാൻ കാമാൻ സങ്കല്പത്തിൽ വീണ്ടും വീണ്ടും അവർ കളിച്ചു അതുകൊണ്ടാണ് പറയണത് ഭഗവാനെ സങ്കല്പിച്ചു തുടങ്ങൂന്നു അപ്പൊ ഭഗവാനെ വേണം തോന്നുവല്ലോ ഇതിനെ തന്നെ അങ്ങടേക്ക് തിരിച്ചു ഇവിടെയാണ് അതുകൊണ്ടാണ് ഭഗവത് കഥകളൊക്കെ കേൾക്കൂ കൃഷ്ണനെയും വർണ്ണിച്ച് കേൾപ്പിക്കണത് ഭാഗവതത്തിൽ എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള വർണ്ണനകളൊക്കെ ഭഗവാന് കൊടുക്കാൻ കാരണം അപ്പൊ ഭഗവാനെ വേണം തോന്നുവല്ലോ അപ്പൊ അങ്ങനെ ആ ഭാവം അങ്ങട് തിരിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനെ വർണ്ണിക്കണത് ഇതിപ്പോ ലോകത്തിലെ ഓരോ വസ്തുക്കളും കേട്ട് കേട്ട് കേട്ട് അതൊക്കെ വേണം തോന്നും എന്താ അതിന്റെ റൂട്ട് വെട്ടണം റൂട്ട് എന്താ ഗുണദോഷങ്ങളെ ഒന്നിൽ ഗുണം കാണുക അപ്പൊ അത് വേണം തോന്നും അപ്പോ അത് ആദ്യം തന്നെ അറിയണം ആ വസ്തു മായയാണ് അതിലൊന്നുമില്ല ആ കാര്യമായിട്ട് ഇതൊക്കെ ഇപ്പൊ എത്ര നേരത്തേക്ക് സുഖം ഉണ്ടാവും എന്തെങ്കിലും തിന്നണം എന്ന് ഒരാൾ ഒരു ഐഡിയ പറഞ്ഞു വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാം അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോ ലഡു തിന്നണം എന്ന് തോന്നിയാൽ അയാള് പറയണത് എനിക്ക് തിന്നാൻ പാടില്ല അപ്പൊ ഞാൻ എന്തുന്ന് വെച്ചാൽ അത് വായിലിട്ടിട്ട് നാവിലിങ്ങനെ രുചിച്ച് കുറെ നേരം ചവച്ചു കഴിഞ്ഞിട്ട് തുപ്പിക്കണെ ഇത് ഇത്രയാ അതിങ്ങോട്ട് പോണെന്ന് ഇവിടെയാണല്ലോ ടേസ്റ്റ് വേണ്ടത് അപ്പൊ അയാൾ പറയണത് ഇങ്ങോട്ട് ഇറക്കിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വായിൽ ചവച്ചിട്ട് തുപ്പിക്കണത് ഇത്രേ വിവേകം കൊണ്ട് അറിയാണ് ഓരോ വസ്തുക്കളിലും ഗുണം എന്ന് പറയണത് നമ്മളുടെ ഇമാജിനേഷനാണ് പലതും അതാണല്ലോ വെറും ഇമാജിനറി ആണ് So, the more sophisticated you are, the more ignorant you are. Sophisticated in society is to go to this sankalpa prabhavamaya kawamanakal koodi kunde erikyam. Pudhiyakaru vana Pudhiyaridilula karu vana Pudhiyavidhatilula kattadangala vana entukkyo bhavanakala Now you come to come and say ാത്ത വീടുകളില്ല നമുക്ക് കാർ ഇല്ലാത്ത വീടുകളില്ല കുറെ കഴിഞ്ഞു കഴിയുമ്പോ ഇതൊക്കെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഇല്ലാതിരുന്നതാണ് ഇനിയിത് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞു ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല നമുക്ക് എന്താന്ന് വെച്ചാൽ ഇത് പഴകി കഴിഞ്ഞു നമ്മൾ മുമ്പിൽ കണ്ടു കഴിഞ്ഞു കൊറേ ദിവസം വർഷങ്ങൾ മുമ്പ് വിറകൊക്കെ പെറുക്കി കൊണ്ടുവന്ന് അടുപ്പ് വെച്ച് ജീവിച്ചിരുന്നതാണ് ഇപ്പൊ ഒരു കഷ്ടം ആ സിലിണ്ടറും പിടിച്ചോണ്ട് ഉമ്മർത്തിരുന്ന അയാൾ വരണോ വരണോ വരണോ നോക്കി നിങ്ങളുടെ അവിടെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടോന്നറിയില്ല ഞങ്ങളുടെ അവിടെ ഒക്കെ അങ്ങനെയാണ് അയാള് ചിലപ്പോ തരാതെ അപ്പോഴാണ് നമ്മള് ഇതൊക്കെ ആദ്യമൊക്കെ ഈ ഗ്യാസ് വന്നപ്പോ നിങ്ങൾക്ക് കൊച്ചിയില് എറണാകുളത്തൊക്കെ നേരത്തെ വന്നിട്ടുണ്ടാവും എനിക്കൊക്കെ എന്റെ ഓർമ്മയില് ഗ്യാസ് ഇല്ലാത്ത കാലം നല്ല ഓർമ്മയുണ്ട് എനിക്ക് ഇവിടെ ഒക്കെ സിറ്റി ആയതുകൊണ്ട് കുറെ നേരത്തെ വന്നിട്ടുണ്ടാവും അപ്പോ മുമ്പൊക്കെ വിറക് കുറച്ച് കഴിഞ്ഞപ്പോ മണ്ണെണ്ണയായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്യാസ് വന്ന സമയത്ത് ഇതൊക്കെ എപ്പോ വേണമെങ്കിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിറകൊക്കെ മറന്നു കിടങ്ങുന്നത് ഞങ്ങള് ഇപ്പുണ്ട് വിറക് വെച്ച് പാചകം ചെയ്യാൻ അറിയണില്ല അതൊന്നും കൊണ്ടുവരാൻ വയ്യ സൂക്ഷിക്കാൻ വയ്യ എന്നാ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുമായി ഇതുപോലെ ഓരോ കാര്യങ്ങളും മൊബൈൽ ഫോൺ കുറെ കാലം മുമ്പ് ഉണ്ടാവില്ലേ അപ്പൊ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ എന്തോ ഒരു ടെൻഷന അപ്പൊ എല്ലാം ഇത് ആദ്യം മനസ്സിൽ കടന്നു ഭാവന ചെയ്തു ഇത് വേണം തോന്നി അപ്പൊ തന്നെ അറിഞ്ഞാലോ രക്ഷപ്പെട്ടു ഇത് ഇല്ലാതെ ഞാൻ കഴിക്കാം ഇതില്ലാതെ ഞാൻ ജീവിക്കാം നോക്കാം അപ്പൊ എന്താ അറിയോ ഡിപ്പെൻഡൻസ് ഇല്ല എനിക്ക് ഇതൊക്കെ ഇല്ലാതെ കഴിക്കാൻ വയ്ക്കുമെങ്കിൽ എനിക്ക് വളരെ കുറച്ച് പണം മതി I am not dependent on anything. You have never thought I would pass on a board. You have never paid for anything. I never a haste. Since you are not here, I am calm, I am just by the light of heaven, then I am Carbon. No reason. An attitude of faith rebirth പല ഗുണാധ്യാസം ചെയ്തു പലതും ഇത് സുഖമാണ് ഇത് സുഖമാണ് ഇത് സേഫ് ആണ് ഇത് സെക്യൂ ഇൻഷുറൻസ് അത് ഇതൊക്കെ അതാണല്ലോ പറയണത് നാളെന്താവും ഏറ്റവും അശുഭമാണ് അവർ പറയാ നിങ്ങൾ മരിച്ചുപോയാൽ എന്താവും നിങ്ങളുടെ മക്കൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ആളുകൾ ഇതൊന്നും കേട്ടോണ്ടിരിക്കില്ലേ അപ്പൊ തല്ലുകൊടുക്കും എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇപ്പൊ ആളുകൾ എടുത്തു കഴിഞ്ഞു നമ്മൾ മരിച്ചുപോയാൽ എന്താവും ഒറ്റക്ക് ഇരിക്കുന്ന ആളെപ്പോലും ഇവര് പറ്റിക്കണമെന്ന് നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അയാള് ഒന്നും ചിന്തിക്കാതെ ആരുമില്ല അയാൾക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കാനേ ആലോചിക്കണേയില്ലേ ശരിയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പണത്തിന് എവിടെ പോകും വിവേകം പ്രവർത്തിക്കാത്തത് ചിന്തിക്കാതെ അത് പറഞ്ഞു കഴിയുമ്പോ ശരിയാണല്ലോ എന്ന് ആലോചിക്കുകയാണ് എന്നിട്ട് പിന്നെ അത് വേണം എന്ന് പറഞ്ഞിട്ട് പുറകെ പോകും സങ്കൽപ്പ പ്രഭവാൻ കാമാൻ അപ്പോ ആദ്യം തന്നെ വിവേകം പ്രവർത്തിച്ചാൽ സങ്കല്പത്തിനെ തന്നെ വേരോടെ പിഴുത്തെടുത്തു അപ്പൊ തന്നെ വേണ്ട വേണ്ട മനസ്സ് നീ അവിടെയൊന്നും പോയിട്ട് അതൊന്നും ഭാവന ചെയ്യണം കടയിലിറങ്ങി ഇങ്ങനെ പല സാധനങ്ങൾ നോക്കുമ്പോ അതാണല്ലോ കാണുമ്പോ അത് വേണം അത് വേണം എന്നൊക്കെ ഇല്ലാത്ത അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടത് അപ്പൊ തന്നെ മനസ്സിനോട് പറയാണ് ഇതൊന്നും വേണ്ട സോക്രട്ടിസിനെ കുറിച്ച് പറയും അദ്ദേഹം ഇങ്ങനെ അങ്ങാടിക്ക് പോയിട്ട് വരും അത്ര എന്തിനാ പോയിട്ട് വരണം ദിവസം പോകും ഒന്നും വാങ്ങില്ല ഓരോ കടയിലായിട്ട് പോയി നിന്നും നോക്കും എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയണത്തെ ഞാനിവിടെ എന്തൊക്കെ ഇല്ലാതെ കഴിക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് എന്തൊക്കെ കൂടാതെ ആളുകൾ എന്തൊക്കെ വാങ്ങിച്ചിട്ടാണ് സുഖിക്കണത് അപ്പൊ ഇതൊക്കെ ഇല്ലാതെ ഞാൻ ഒന്ന് വാങ്ങിക്കാന്നവനല്ലോ ഓക്കെ കാണാൻ വന്നവനാണെന്നാണ് കാണാൻ വരണവനൊരു പ്രശ്നമില്ലല്ലോ ഒക്കെ കണ്ടിട്ട് പോവാം എന്തൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ചെലപ്പോ തോന്നും ഈ പട്ടണത്തിൽ കൂടെ ഒക്കെ പോകുമ്പോ ഇതുവരെ ഈ ലൈറ്റൊക്കെ ഇട്ട് രാത്രിയാവുമ്പോൾ ഇങ്ങനെ ആളുകൾ കൂട്ടം കൂട്ടമായി ജ്വല്ലറിക്കടയിലും തുണിക്കടയിലും ഇങ്ങനെ ഓരോ ഇടത്തും കയറി ഇറങ്ങുമ്പോ ഒന്നിങ്ങനെയാണ് നടന്ന് നോക്കണം എന്തൊക്കെയാ ആളുകൾ വാങ്ങിക്കണത് എന്തൊക്കെയാ ആളുകൾ ഇത്രയൊക്കെ മെനക്കെട്ട് വാങ്ങിച്ചൊക്കെ കൊണ്ടുപോകണത് എന്നൊക്കെ ഇതൊക്കെ ആ സങ്കല്പം വന്നു വേണമെന്ന് തോന്നുന്നു ഇതൊക്കെ റൂട്ടിൽ തന്നെ കട്ടിയതാൽ തെക്ക്വാ സർവാന എങ്ങനെ സങ്കല്പത്തിനെ കട്ടിയും എങ്ങനെ മുറി അതിനെ വെട്ടി വെട്ടിക്കളയും വെച്ചാൽ ആർക്ക് സങ്കല്പം ഉണ്ടാവണെന്ന് നോക്ക രണ്ടു വഴിയാണ് ഒന്ന് ആ കാണുന്ന വസ്തു ഉണ്ടല്ലോ അതിലൊന്നുമില്ലെന്ന് മനസ്സിലാക്കണം അതാ അതാണ് ബുദ്ധിയിലൂടെ ഉള്ള ഒരു വഴിയാണത് കാണുന്ന വസ്തുവിൽ ഒന്നുമില്ല അതൊക്കെ നശിച്ചു പോണതാണ് എന്തിനാ മനസ്സെ അങ്ങടൊക്കെ പോണത് ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമികൾ മനസ്സിനോട് പറയണം മനസ്സേ ഈ ലോകത്തിലൊന്നുമില്ല എന്തിനാ അവിടെ അറിഞ്ഞു നടക്കണത് മാഗച്ചു എന്നൊക്കെ പറയണ്ട പല മഹാപുരുഷന്മാരുടെ സ്തോത്രങ്ങളൊക്കെ ഉണ്ട് സമർത്ഥ രാമദാസിന്റെ കുറെ ശ്ലോകങ്ങളുണ്ട് മനസ്സിന്റെ അടുത്ത് ബോധിപ്പിക്കൽ മനസ്സേ നീ അവിടെ പോകണ്ട എവിടെ പോകണ്ട ഇതറിയൂ ഇത് അറിയൂ എന്നൊക്കെ പറഞ്ഞു ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങൾ മുഴുവൻ മനസ്സിന്റെ അടുത്ത് പറയലാണ് മനസാ മനസ്സാ മനസ്സാ എന്ന് പറഞ്ഞ മനസ്സിന്റെ അടുത്ത് പറയാ മനസ്സിന്റെ അടുത്ത് ചോദിക്കലൊക്കെയാണ് നിധി സാല അല്ല രാമുനി സന്നിധി സേവാ സുഖമാ രാമന്റെ സന്നിധിയിലിരുന്ന് രാമനെ സേവ ചെയ്യണത് സുഖമാണോ മമതാ ബന്ധനയുത്ത നരസ്തുതി സുഖമാ അഭിമാന അഹങ്കാരത്തിന് കാരണമായ ജനസ്തുതി സുഖമാണ് ീ ദീതമുലു റുച്ചിയോ നല്ല തൈരും വെണ്ണയൊക്കെ കൂട്ടി പണം സമ്പാദിച്ചാൽ തൈരും പാലും ഒക്കെ സുഖമായിട്ട് ശാപ്പാടൊക്കെ കഴിക്കാം അത് വേണോ അല്ലാതാശരത്തി ധ്യാനം വേണോ മനസ്സിനോട് ചോദിക്കണം ഇതൊരു വഴിയാണ് മനസ്സിനെ പറഞ്ഞ് പറഞ്ഞ് വിവേകണ്ടാക്ക അപ്പൊ പതുക്കെ പതുക്കെ മനസ്സ് സ്വയമേവ വിരക്തമാവും അതൊരു വഴിയാണ് രണ്ടെന്താ മനസ്സ് പുറപ്പെടാനേ അനുവദിക്കാൻ പാടില്ല എന്നാണ് മനസ്സ് ഉദിക്കുമ്പോ സങ്കല്പിക്കുമ്പോ തന്നെ ഈ മനസ്സ് എന്താ ചിത്തവൃത്തികളാണ് ആ ചിത്തവൃത്തികൾക്കൊക്കെ മൂലമെന്താ ഞാൻ എന്നുള്ള ചിത്തവൃത്തിയാണ് ഈ ഞാൻ എന്നുള്ള ചിത്തവൃത്തി എവിടെ ഉദിക്കണോ ഹൃദയത്തിൽ ഉദിക്കണു ഇതൊക്കെ വേണം തോന്നുമ്പോൾ ആർക്ക് വേണം തോന്നുന്നു എനിക്ക് വേണം തോന്നുന്നു ഞാൻ ആരാ ഞാൻ ആരാ എന്നുള്ള പിന്നെയും പിന്നെയും വന്നുകൊണ്ടേയിരിക്കാം ഓരോ വിചാരം വരുമ്പോഴും ഈ വിചാരം ആർക്ക് വരുന്നു വിചാരത്തിനെ തുടരാനേ പാടില്ല വളരാനേ അനുവദിക്കാൻ പാടില്ല കംപ്ലീറ്റ് ചെയ്യാനേ പാടില്ല വിചാരത്തിനെ തുടർന്ന് പൂർത്തിയാക്കാൻ പാടില്ല വിചാരം വരണു വരട്ടെ ആർക്ക് വരണു എനിക്ക് വരണു ഈ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എവിടെ ഉദിക്കുന്നു ഞാൻ ഞാൻ എന്ന് തോന്നണത് എന്താ മനസ്സഹൃദയത്തിലേക്ക് പോകും ഇങ്ങനെ അഭ്യസിച്ച് അഭ്യസിച്ച് സങ്കല്പപ്രഭവാൻ കാമാൻ തെക്ക് അശേഷത മനസ്സൈവ മനസ്സുകൊണ്ട് തന്നെ ഇന്ദ്രിയ ഗ്രാമം വിനിയമ്യ മനസ്സ് കണ്ണിലൂടെ പുറമേക്ക് പോകുന്നില്ല ചെവിയിലൂടെ പോകുന്നില്ല മൂക്കിലൂടെ പോകുന്നില്ല നാവിലൂടെ പോകുന്നില്ല തൊക്കിലൂടെ പോകുന്നില്ല മനസ്സിനെ പതുക്കെ എന്തു ചെയ്തു വിനിയമ്യ സമന്ത ചുറ്റുപാടും അലഞ്ഞു നടക്കാൻ അനുവദിക്കാതെ അതിനെ അന്തർമുഖം ചെയ്തു അന്തർമുഖം ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അവിടെ എന്താ ചെയ്യണേ അതാണ് അടുത്ത ശ്ലോകം ശനൈ ശനൈപരമേത് ബുദ്ധ്യ ആത്മസംസ്ഥം അപ്പ ചിന്ത ഈ ധ്യാനം മുഴുവൻ ചെയ്യണത് വൈശാരദീ ബുദ്ധിയാണ് തെളിഞ്ഞ ബുദ്ധി ആ ബുദ്ധി എന്ത് ചെയ്യണു ശനൈ ശനൈ പതുക്കെതുക്കെ പതുക്കെ മനസ്സിലെ ഓരോ ചിത്തവൃത്തികളെയും രണ്ടു വിധത്തിൽ തീർക്കും ഒന്ന് ധ്യാനിക്കണ സമയത്ത് അതിനെ വളരാൻ അനുവദിക്കാതെ വിവേകം കൊണ്ട് തന്നെ നീക്കം ചെയ്ത് മനസ്സിനെ പതുക്കെ പതുക്കെ പിറപ്പെടത്തിൽ കൊണ്ടുവന്ന് ഇരുത്തും രണ്ട് വ്യവഹാര സമയത്ത് ചില ആഗ്രഹങ്ങളൊക്കെ പൊന്തി വരുമ്പോൾ ഇത് ധ്യാന സമയത്തിൽ എനിക്ക് തടസ്സാവും എന്ന് അറിയണത് കൊണ്ട് തന്നെ ആ ആഗ്രഹങ്ങളെ വ്യവഹാര സമയത്ത് തന്നെ നുള്ളിക്കളയും ഇങ്ങനെ രണ്ടു പെരുമാറി എങ്ങനെ ബുദ്ധിയ ബുദ്ധി കൊണ്ട് ധൃതി ഗൃഹീതയാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രണം ചെയ്യുന്ന ശക്തി വിൽ പവർ വിൽ പവർ against the ego sadharana will power nu parayna it's a power of the ego lokathil endengiloke sadhikkannulla ahankarathinte power ne aanu nammal will power nu paraynadu ibide it is against the ego geethayil bhagavan avashanam paraynadend endana dridhi ennu vachal drithyayaya dharayate manapranendriya kriyaa yogena avyabhicharinnya ധൃതി എന്ത് ചെയ്യണു മനസ്സിനെ ധാരണം ചെയ്യണു എന്നാണ് ഉള്ളില് ഊർജക്ഷയം വരാതെ പതുക്കെ പതുക്കെ പതുക്കെ ബുദ്ധിയാധൃതി ഗൃഹീതയാ തെളിഞ്ഞ ബുദ്ധി കൊണ്ട് വിൽപ്പവരോടു കൂടെ ശനൈഹി ശനൈ പതുക്കെ മനസ്സിനെ ഹൃദയസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് ആത്മസംസ്ഥം മനത്വ എന്നുവച്ചാൽ ഞാൻ എന്നുള്ളത് അല്പം പോലും ഉദിക്കാതെ ചിത്തവൃത്തികൾ ഇല്ലാതെ ഉള്ള നിശ്ചലതയിൽ കൊണ്ടുവന്നിട്ട് പിന്നെന്ത് ചെയ്യണു ചിന്തയേത് ഭഗവാൻ പറഞ്ഞു അവിടുന്ന് ഇനി ഒരു ചിത്തവൃത്തികൾ പൊന്താൻ അനുവദിക്കാതിരിക്കുക ജപമൊക്കെ ചെയ്യുകയാണെങ്കിൽ ജപസാധനയാണ് ചെയ്യണതെങ്കിൽ ജപം ചെയ്തുകൊണ്ടേയിരിക്കണു പതുക്കെ പതുക്കെ പതുക്കെ മനസ്സടങ്ങി ജപം മാത്രം ഉള്ളിൽ സ്പന്ദിച്ചു കൊണ്ടേ ഇരിക്കുന്നു അവസാനം ആ ജപമ ഹൃദയത്തിൽ അടങ്ങി നിശ്ചലമായി നിശ്ചലായപ്പോ നഖിഞ്ചിത ചിന്തയത് മേലെ ഒരു ചിത്തവൃത്തിയോ വേറെ എന്തെങ്കിലും വിചാരങ്ങളോ ജപം പോലുമോ സ്വയമേവ പൊന്തിക്കരുത് വീണ്ടും വിചാരം വീണ്ടും ജപത്തിലേക്ക് വരാം സ്ഥനീയ മനസ്സങ്ങണ്ട് നിശ്ചലമായാൽ ആ നിശ്ചലതയെ ചലിപ്പിക്കാതിരിക്കാന്ന് ആ നിശ്ചലതയാണ് നമ്മൾ എന്ത് മന്ത്രം ജപിക്കുന്നു ആ മന്ത്രത്തിൻ്റെ അർത്ഥമായ ഭഗവാൻ ത്യാഗരാജസ്വാമികളുടെ ഒരു കീർത്തനുണ്ട് അതിൽ പറയുന്നു രാമനാമം ജപിക്കൂ എങ്ങനെ ജപിക്കണം എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ജപിക്കൂ രാമനാമത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ജപിക്കൂ എന്താ രാമനാമത്തിന് അർത്ഥമുള്ളത് യാഗരാജൻ തന്നെ പറയുന്നു രാമ എന്നുള്ളതിന് സംസ്കൃതത്തിൽ തന്നെ രണ്ടർത്ഥണ്ട് രാമായണി ചപലാക്ഷിയുടെ നാമം ഒരു സ്ത്രീയെ രാമാന്ന് വിളിക്കാം ഭാഗഗോവിന്ദത്തിൽ വരുന്നുണ്ട് ആ യൂസേജ് സുഖതക്രിയത്തെ രാമഭോഗിച്ചാൽ രമിപ്പിക്കുന്നവൾ എന്നർത്ഥം സ്ത്രീ എന്ന അർത്ഥമുണ്ട് കാമത്തിന് കാരണമായി തീരാം അതേ രാമ നമ്മൾ ആ അർത്ഥത്തിലല്ലോ ജപിക്കണത് താരക ബ്രഹ്മത്തിന്റെ നാമമായിട്ടും തീരണം എപ്പോ ആ നാമം ഇവൻ ഭഗവത് സ്മരണയോടുകൂടെ ആ നാമത്തിന്റെ ലക്ഷ്യാർത്ഥമായ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് സ്വസ്വരൂപത്തിനെ അറിഞ്ഞുകൊണ്ടാണ് ആ നാമം ജപിക്കണതെങ്കിൽ അതും മനസ്സിനോടാണ് പറഞ്ഞത് തെലുസി രാമചിന്തവും നാമവും മനസ്സെ അറിഞ്ഞുകൊണ്ട് രാമനെ താരക ബ്രഹ്മം എന്നറിഞ്ഞുകൊണ്ട് ആത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ട് ജപിക്കുന്നു അപ്പൊ എന്താ ആ ബ്രഹ്മാനുഭൂതി ഉണ്ടാവും ആത്മാനുഭവം ഉണ്ടാകും രാമനാമ അപ്പോ ഈ നിശ്ചലത്തെ ഉള്ളിലുണ്ടാവുമ്പോ ആ നിശ്ചലതയെ അജ്ഞാനം കൊണ്ട് ഇളക്കിക്കളയരുത് ആ സമാധി ഉണ്ടാവുമ്പോ അയ്യോ ഞാൻ ഇനിയും ജപിക്കണമല്ലോ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ഇളകാതെ എത്ര നേരം അതിലിരിക്കണമോ അത്ര നേരം ഇരിക്കശ്ചല തത്വം തന്നെ ജീവൻ മുക്തി അതിനുള്ള ദ്വാരം ആ നിശ്ചലത്തെ തന്നെ ഭഗവത് സ്വരൂപം ആത്മസ്വരൂപം ഉപനിഷപ്രതിപാദ്യമായ ബ്രഹ്മം അത് തന്നെ നമ്മൾ അതുതന്നെ ഞാൻ ആ നിശ്ചലതയാണ് ഞാൻ ഈ മനസ്സും ശരീരവും ഒന്നും ഞാനല്ല സോഹമസ്മി ആ നിശ്ചലതയിൽ നിന്ന് ഉണരുമ്പോഴോ അതാണ് ഞാൻ എന്ന പ്രത്യവിജ്ഞയോടു കൂടെ ഉണരണം അല്ലാതെ ഞാൻ ധ്യാനിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ പാടില്ല അറിവില്ലാത്തവൻ ഞാൻ ഇത്ര നേരം മെഡിറ്റേഷനിൽ ഇരുന്നു എന്ന് പറഞ്ഞ് എഴുന്നേക്കും അറിവോടുകൂടെ ഉണരുന്നവൻ അവിടെ എന്ത് കണ്ടു അതാണ് എൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞെഴുന്നേക്കും വളരെ സൂക്ഷ്മ അതാണ് എൻ്റെ സ്വരൂപം എന്ന് എഴുന്നേൽക്കുന്നവൻ സഹജമായ നിർവികൽപ്പ ബോധത്തിലേക്ക് എഴുന്നേൽക്കും ഞാൻ ധ്യാനിച്ചു എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നവൻ മറ്റു പലതിനെ അനുഭവിച്ച പോലെ അതിനെ അനുഭവിച്ചിട്ട് എഴുന്നേക്കും വീണ്ടും നകിഞ്ചിതെ ചിന്തകളില്ലാത്ത ആ നിശ്ചലതയിൽ സ്വരൂപേ അവസ്ഥാനം എന്തുണ്ടോ അവിടെ അതുണ്ട് നമ്മളുടെ സ്വസ്വരൂപം പ്രകാശിക്കുന്നു ഇടതടവില്ലാതെ വിഘ്നമില്ലാതെ പരിധിയില്ലാതെ ആത്മാവ് പ്രകാശിക്കുന്നു അവിടെ നിന്നും മനസ്സ് വീണ്ടും ഇളകി പൊരി ഇളകി ഭുവനം സ്ഫുരിക്കുന്നു അഗ്നി സ്ഫുലിംഗങ്ങൾ ഉണ്ടാവണ പോലെ അവിടുന്ന് ചിത്തവൃത്തികൾ ഇങ്ങനെ പൊരികളകുന്ന പോലെ ഇളകി വന്ന് വീണ്ടും ഒക്കെ കാണുകയോ ഒക്കെ ചെയ്യും യഥാ പ്രദീപ്താത് പാവകാത് വിസ്ഫുലിംഗാ സഹസ്രശ പ്രഭവന്തി തഥാ അക്ഷരാത് സൗമ്യ ഭാവാഹ പ്രചായന് तत्री अब ई निशत नार्ण हरे राम हरे राम राम राम हरे हरे हरे कृष्ण हरे कृष्ण कृष्ण कृष्ण हरे हरे हरे राम हरे राम राम राम, राम, राम हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ